എത്രയോ പട്ടണങ്ങൾ അവരുടെ രക്ഷിതാവിന്റെയും അവൻറെ ദൂതന്മാരുടെയും കൽപ്പനകൾ ലംഘിച്ചു അതിനാൽ നാം അവരെ കഠിനമായി വിചാരണ ചെയ്യുകയും അവർക്ക് അങ്ങേയറ്റം ഭയാനകമായ ശിക്ഷ നൽകുകയും ചെയ്തു